ൂപന്തേ ശാത്തപനം അചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കിന്തിലഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വരാം ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീ വ്യോമവത്വ്യേയ ദക്ഷിണമൂർത്തമം രി ഓ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസനഗ്ര പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബനുസാ नमोस्तुते व्यास विशालबुद्धे ഭഗവത്ഗീതീ നമോസ്തു തേ വ്യാസവിശാലുദ്ധേ ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ്രപന്നിജേത്രൈകാണി कृष्णाय पार्थो वत्स सुधीर ഗീതൃതുഹേനമഹോപനിഷദോ ഗാവോ गीतामृतं പാർോ വത്സുധീർഭോക്തം ഗീതമൃതമഹത് വസുതേ വസുുതംസാണൂരമർദന देवकी പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്കൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൻവന്തി വേദസ്രമോപനിഷദൈ ഗായഗാഹ ധ്യനവസ്ഥ മനസാ പശ്യന്തിയം യോഗിനോ യം വിദുസുരാഗണേ തസ്മൈ നമഹം പാർസാരതിരുപേണ ശ്രാവയശുഭിരും പാർസ്യാർത്തിഹരോ ദൂർത്തി ന ഇന്നലെ ശാസ്ത്രപ്രമാണം എന്നുള്ള വിഷയം വിസ്താരമായിട്ട് ചിന്തിച്ചു മനുഷ്യന് നമുക്കൊക്കെ തന്നെ പരമശ്രേയസുഖം വരണം ക്ഷേമം വരണം എന്നതാണ് ശാസ്ത്രങ്ങളുടെ ലക്ഷ്യം അല്ലാതെ നമ്മളെ ബന്ധിച്ചിടാനോ നമ്മളെ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ശാസനാഥാസ്ത്രം ഒരു ഡിസിപ്ലിൻ ഒരു ധർമ്മത്തിനെ അനുശാസിക്കണത് കൊണ്ട് അതിന് ശാസ്ത്രമെന്ന് പരമസത്യത്തിനെ ബോധിപ്പിക്കുന്ന ആത്മതത്വത്തിനെ ഉപദേശിക്കുന്ന ശാസ്ത്രത്തിന് വേദാന്തം എന്ന് പറയണം വേദാന്തം എന്ന് പറയുമ്പോൾ അന്തം എന്ന് പറയുമ്പോ തന്നെ എൻഡ് കൾമിനേഷൻ വേദത്തിന്റെ ലക്ഷ്യം എന്നർത്ഥം വേദം എന്നു വച്ചാൽ നിങ്ങളിപ്പോ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നെടുക്കണമെന്നില്ല അറിവ് എന്നെടുത്താൽ തന്നെ അറിവിന്റെ ലക്ഷ്യം അറിവിന്റെ അറ്റം യദ് വിജ്ഞാനാത് സർവം വിജാനാത്തി ഏകവിജ്ഞാന സർവവിജ്ഞാനം ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അറിയപ്പെടുന്നു കസ്മിൻ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി ഏതോ ഒന്ന് അറിയപ്പെട്ടാൽ ബാക്കിയൊക്കെ അറിയപ്പെടുന്നു അഥവാ ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണോ പരിപൂർണമായ തൃപ്തി അപ്പോഴാണ് അറിയപ്പെട്ടത് അറിവ് എന്ന് പറയണത് ജിജ്ഞാസ എന്ന് പറയണത് ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്തോ ഒരു കാര്യം അതിനകത്ത് എന്തോ ഉണ്ട് എന്നൊരു തോന്നലത് അറിയാനുള്ള ഔത്സുഖ്യം ഒരു ഡിസ്റ്റർബൻസ് ആണ് അതൊന്ന് അവിടെ പോയി കണ്ട് ഓ ഇതേ ഉള്ളുവോ എന്ന് അറിയുമ്പോൾ ആ ഡിസ്റ്റർബൻസ് പോയി മനസ്സിൽ ഉദിച്ച ചിത്ത അടങ്ങി അപ്പം നമ്മൾ പറയണു അറിഞ്ഞു എന്ന് പറയണു അറിഞ്ഞു വെച്ചാൽ ഇപ്പം എന്താ അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ അവസാനിച്ചു ഇങ്ങനെ എല്ലാറ്റിനെ കുറിച്ചുള്ള ജിജ്ഞാസയും എപ്പോൾ അവസാനിക്കും എന്നുവെച്ചാൽ ഉള്ളില് പൂർണ്ണത കംപ്ലീഷൻ ഫുൾഫിൽമെന്റ് അത് വരുമ്പോ അറിവിന് അവസാന ഇനിയൊന്നും അറിയണമെന്നുള്ള ആഗ്രഹമില്ല യസ്മിൻ ജ്ഞാത്തെ സർവമിതം ജ്ഞാതം ഭവത്തി അങ്ങനെ എന്താ ഉള്ളത് എന്നുവെച്ചാൽ ഉപനിഷത്ത് പറഞ്ഞു അറിയുന്നവനെ അറിയുമ്പോ എല്ലാ അറിവും അവസാനിക്കും വിജ്ഞാതാരമറേ തന്റെ സ്വരൂപത്തിനെ അറിയുമ്പോ താൻ ആര് എന്ന് അറിയുമ്പോ ആക്കോ എല്ലാ അറിവും അവിടെ പൂർത്തിയായി ഇതാണ് ഉപനിഷത്തുകളുടെ മുൻ ആവർത്തിച്ചാവർത്തിച്ചുള്ള ഐഡിയ ഉപദേശം ഇതാണ് ഭഗവത്ഗീത ഇതാണ് ഭാഗവതം ഇതാണ് എല്ലാ ശാസ്ത്രത്തിന്റെയും സാരം അതുകൊണ്ട് ഇത് ശാസ്ത്ര അന്തം ആണ് വേദ അന്തമാണ് എന്തൊക്കെ തന്നെ ചെയ്താൽ യാഗം യജ്ഞം കർമാനുഷ്ഠാനങ്ങൾ ഉപാസന എല്ലാം അവസാനം ആത്മജ്ഞാനത്തിൽ വന്ന് അവസാനിക്കും എല്ലാം അവസാനം തന്നെ അറിയുന്നതിൽ വന്ന് അവസാനിക്കും ആത്മാനം ചേത് വിജാനീയാ അയമസ്മീതി കസ്യാമായ ശരീരമനുസഞ്ചരേത് ആത്മാവിനെ അറിഞ്ഞുകഴിയുമ്പോ ശരീരത്തിന്റെ ബന്ധം അയാളെ വിട്ടുപോയി ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അയാള് പൂർണത്വത്തിനെ കണ്ടെത്തുന്നു പൂർണ്ണത്വം കണ്ടെത്തപ്പെടുകയാണ് എന്നുവെച്ചാൽ പൂർണ്ണത്വം നേടുകയല്ല പൂർണ്ണത്വം നമ്മളുടെ സ്വഭാവമാണ് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ് ദാറ്റ് ഈസ് അവർ റിയൽ നേച്ചർ അത് നേടിയെടുക്കലല്ല നേടിയെടുക്കുന്നതൊക്കെ പോയിപ്പോകും അതൊരു അലംഘനീയമായ നിയമമാണ് എന്ത് നേടിയെടുക്കണോ അതൊരു കാലത്ത് പോയി പോകും കാരണം അതൊരു ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും അത് ഇല്ലാത്തൊരു സമയം വരും തന്നശ്യം ദൃശ്യം തന്നശ്യം എന്തൊക്കെ കാണപ്പെടുന്നതോ എന്തൊക്കെ നേടിയെടുക്കപ്പെടുന്നതോ ഒക്കെ നശിച്ചു പോവും ആരോഗ്യം ഹെൽത്ത് എക്സസൈസ് ചെയ്ത് ഹെൽത്ത് ഉണ്ടാക്കും ഹെൽത്ത് അങ്ങനെ ഇരിക്കുവോ ഒരു പ്രാവശ്യം ആരോഗ്യവാനായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവൻ ആരോഗ്യവാനായിട്ടിരിക്കോ മാറിപ്പോ ഇന്ന് ധ്യാനിച്ചു മനസ്സ് നല്ല ശാന്തമായിട്ടിരിക്കണം പലരും വിചാരിക്കും ചിലപ്പോൾ ചിലർക്ക് ചില കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നാൽ ഇത്ര കാലം കിട്ടാത്തൊരു സുഖം മനസ്സിനൊരു നല്ല ശാന്തി അപ്പൊ അവർക്ക് ഒരു ഭ്രമ ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ നമ്മളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും അതൊരു പത്ത് ദിവസം കഴിയുമ്പോൾ കാണാം പഴയ ആളുകളൊക്കെ പുറപ്പെടുമ്പുള്ള ഇവരൊക്കെ നമ്മൾ കണ്ടു പരിചയമുള്ളവരെ കുറെ കാണാത്തതാണ് ഒക്കെ പുറപ്പെടും സുഖായി ശാന്തിയായി പിന്നെയും മനസ്സ് എന്താന്ന് വെച്ചാൽ മനസ്സ് അതിന്റെ സ്വഭാവമാണ് പ്രകൃതി ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കണു അതുപോലെ മനസ്സിന്റെ പ്രകൃതിയും ചഞ്ചലം ഹി മന കൃഷ്ണ അർജുനൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഭഗവാൻ അർജുനൻ പറഞ്ഞതിൽ റൈറ്റ് ഇട്ട ഒരു ആൻസർ ആണത് അർജുനൻ പറഞ്ഞു ചഞ്ചലം ഹി മനകൃഷ്ണ ഭഗവാൻ പറഞ്ഞു അസംശയം മഹാബാഹു ഡൗട്ട്ലെസ് സംശയമേ അല്ല അപ്പൊ എന്ത് ചെയ്യണം അത് ചഞ്ചലമാണെന്ന് പോവോ രാവിലെ എണീറ്റ് കുളിച്ചു കുളിച്ചപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും ചളിയായി അയ്യ് കുളിച്ചാൽ ചളിയാവണം അതുകൊണ്ട് ഇനി കുളിക്കണ്ട എന്ന് തീരുമാനിക്കോ കുളിച്ചാൽ ചളിയാവണം അതുകൊണ്ട് ഇനി കുളിക്കേണ്ട തീരുമാനിച്ചാൽ നമ്മളെ കാണുന്നവരൊക്കെ കുളിക്കേണ്ടി വരും െങ്ങനെ ചെയ്യണോ അതുപോലെ മനസ്സിന് യോഗവും ആവശ്യമാണ് മനസ്സിന് യോഗം അഭ്യാസേനത്തു കൗന്തേയ വൈരാഗ്യേന ച വീണ്ടും വീണ്ടും മനസ്സിനെ അഭ്യാസം കൊണ്ട് ചിത്തവൃത്തി നിരോധം ചെയ്യൂ ഭഗവന്നാമം ജപം ചെയ്യൂ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ എരുത്തു ഭക്തി ചെയ്യൂ മനസ്സിനെ സമസ്ഥിതിയിൽ ഇരുത്തി ഇരുത്തി ഇരുത്തി അഭ്യസിക്കൂ ധ്യാനം ചെയ്യൂ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ധ്യാനം ചെയ്യൂ കുറെ കഴിയുമ്പോൾ അഭ്യാസത്തിന്റെ ഫലമായിട്ട് സ്വഭാവം ഉണ്ടാവും സ്വഭാവം എന്ന് വെച്ചാൽ പ്രകൃതി ഇപ്പൊ സംഗീതം കുറെ ആളുകൾക്ക് പാടി പാടി പാടി നല്ലവണ്ണം അത് സ്വഭാവം പ്രകൃതി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആദ്യം മുതൽ സപ്തസ്വരം മുതൽ തുടങ്ങേണ്ട ആവശ്യമില്ല എല്ലാം പ്രകൃതിയിലുണ്ട് അവിടുന്ന് എങ്ങടയ്ക്ക് വരും എലി പോലെ അതുപോലെ ധ്യാനമും പതുക്കെ പതുക്കെ പതുക്കെ ഒരു സാപാസ തുടങ്ങി ധ്യാനം അതങ്ങനെ പ്രകൃതിയിൽ ലീനമായി കഴിയുമ്പോ സ്വാഭാവികമായി കഴിയുമ്പോ നടക്കുമ്പോ ഇരിക്കുമ്പോ ട്രെയിനിൽ പോകുമ്പോ ബസ്സിൽ പോകുമ്പോ ഒക്കെ അത് അതിങ്ങനെ ഇറ്റ് വിൽ ഡിസെൻഡ് അപ്പോൺ യു അതെങ്ങനെ വരും സ്വഭാവമായിട്ട് തീരും പ്രകൃതിയായിട്ട് തീരും ധ്യായത്തീവ് ലേലായത്തീവ് ശ്രുതി പരണു പ്രകൃതിയൊക്കെ ധ്യാനിക്കണ പോലെ ഇരിക്കണമെന്നാണ് ആർക്കാണെന്ന് വെച്ചാൽ ധ്യാനനിഷ്ഠന ആർക്ക് ധ്യാനം സ്വാഭാവികമാണോ അയാളുടെ നേച്ചർ തന്നെ ധ്യാനമാണ് സാധാരണ ആളുകൾക്ക് ചഞ്ചലത നേച്ചർ പോലെ യോഗിക്ക് ധ്യാനം എന്ന് പറയുന്നത് നേച്ചറാണ് ഭഗവൻനാമം ജപിച്ചുകൊണ്ടേയിരുന്നാൽ കുറെ കഴിയുമ്പോൾ മനസ്സ് ജപം പിടിച്ചെടുക്കും ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോഴും ജപം നടക്കും സ്വപ്നത്തിൽ എഴുന്നേറ്റ ഉള്ളിലിങ്ങനെ ജപം ഉണ്ടാവും മന്ത്രം ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടേയിരിക്കും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും അത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യമൊന്നുമല്ല ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി പതഞ്ജലി പറഞ്ഞു ദീർഘകാല ഓരോ വാക്കും നോക്കുക ഋഷിവചനം ദീർഘകാല മലയാളികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും വേണ്ട അർത്ഥം ദീർഘകാല നൈരന്തര്യ നിരന്തര സത്കാര് വിത്ത് റെസ്പെക്ട് റെവറൻസ് ആദര് സത്കാരത്തിന് ആദരവും വ്യത്യാസവും ഇല്ല സത്കാരം ബാഹ്യമാണ് ഈ ചില സൂത്രത്തിൽ സത്കാരം ഇല്ല ഏതൊരു വാക്കില്ലാതില് ചില സൂത്രത്തിലുണ്ട് ആദരവ് ഭാവമാണ് സത്കാരം ബാഹ്യമാണ് ബാഹ്യമായിട്ടും അതിനനുസരിച്ച് ഇപ്പൊ ചെയ്യാന്ന് വെച്ച പഞ്ചപാത്രം വെച്ചു ഇരുന്നു അനുഷ്ഠാനങ്ങൾക്കൊരു ഒരു സന്ദർഭമുണ്ടായി ഒരാസന ഇട്ടു ഏകാന്തമായ ഒരു സ്ഥലത്തെ രമ്യമായ ഒരു സ്ഥലത്ത് ഇരുന്നു സത്കാരാണ് അല്ലേ ഒരു സത്കാരഭാവം ഒരു ഒരു ലൗകികമായ ഒരു കോൺഫറൻസ് നടക്കുന്നിടത്ത് നിങ്ങൾ സിറ്റുവേഷൻ ഉണ്ടാക്കണോ അപ്പൊ ഭഗവാനോട് ഉള്ള സംയോഗത്തിന് യോഗസ്ഥിതിക്ക് ഒരു സത്കാരം വേണ്ടേ സത്കാരം ആദര ആദരവ് ആസേവിത ജീവിതം മുഴുവനും നിരന്തരം ദീർഘകാലം നിരന്തരം ജപമോ ധ്യാനമോ അഭ്യസിച്ചുകൊണ്ടേ നിഷ്ഠയോടുകൂടെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ കുറെ കാലം കഴിയുമ്പോ നമ്മളുടെ പ്രകൃതിയായിട്ടത് തീരും എന്തും പ്രകൃതി ആയി കഴിയുമ്പോ അത് നമ്മളുടെയാണ് നമ്മൾ അഭ്യസിക്കുന്നവരെ സർഫസ് മൈൻഡിലേക്ക് പോകണവരെ നമ്മളുടെയല്ല നമ്മൾ ചെയ്യണം യു ഹാവ് ടു ഡു ഇറ്റ് പ്രകൃതി ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യും അത് നമ്മളെ ചെയ്യിപ്പിക്കും ഇപ്പോ മനസ്സിലെ ഒരു ഒരു ലൗകിക ഉദാഹരണം പറഞ്ഞാൽ കാപ്പി കുടിക്കാതെ ഒരു കുട്ടികളും ജനിച്ചോടനെ കാപ്പി കുടിക്കില്ലല്ലോ അല്ലേ കുറെ കഴിയുമ്പോൾ വലിയ ഒരക്ക് കുടിക്കണത് കണ്ടു ഒത്തിരി കാപ്പി കുടിച്ചോ കുഴപ്പമില്ലായെന്നൊന്ന് കുട്ടിക്ക് കൊടുത്തു അപ്പോ മനസ്സിൽ ആ കാപ്പിയുടെ ടേസ്റ്റിന്റെ ഒരു വൃത്തി ഉണ്ടായി ഒരു ഇപ്പൊ ഒരു മെഴുകു പ്ലേറ്റ് വെച്ചിട്ട് ഒരു സൂചി കൊണ്ട് ഇങ്ങനെ ഒരു മാർക്കിട്ടാൽ അതുപോലെ മനസ്സിൽ ഒരു വൃത്തി ഉണ്ടായി അതിന് വൃത്തി എന്ന് പേര് വൃത്തി വരും പോകും പിന്നെ അടുത്ത ദിവസവും കാപ്പി കുടിച്ചു കറക്റ്റായിട്ട് രാവിലെ എണീറ്റ ഉടനെ കോഫി ചിലർക്ക് ബെഡ് കോഫിയാണ് ഇടയ്ക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടു അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ വൃത്തി സംസ്കാരമായിട്ട് തീർന്നു സ്വഭാവമായിട്ട് തീർന്നു സംസ്കാരാണ് സംസ്കാരം ആയി കഴിയുമ്പോൾ സംസ്കാരത്തിന്റെ പവർ എന്താണ് വെച്ചാൽ നിങ്ങൾ കാപ്പി കൊടുക്കണ്ട അത് കാപ്പി ചോദിക്കും സമയമാവുമ്പോൾ അത് കാപ്പി വേണം എന്ന് പറയും അത് കാപ്പിയാവട്ടെ എന്തെങ്കിലും ആവട്ടെ ചിലർ ദേഷ്യപ്പെടും ഓരോ സമയം ഒരാളെ കണ്ടാൽ ദേഷ്യപ്പെടും കുറേ ദിവസം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വൃത്തി സംസ്കാരം ആയിക്കഴിഞ്ഞാൽ അയാളെ കാണുമ്പോൾ തന്നെ ദേഷ്യം സംസ്കാരം സ്വയമേവ ജീവൻ വെക്കും അതിന് സ്വയമേവ് ഇറ്റ് becomes an individual which orders you. ആ സംസ്കാരം അടുത്ത ജന്മത്തിലേക്ക് വാസനയായിട്ട് വരും അപ്പൊ മരിക്കണ സമയത്ത് ഈ സംസ്കാരത്തിന്റെ ആകത്തൊക്കെയാണ് സ്വഭാവം പ്രകൃതി എന്ന് പറയണത് ആ സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് ഈ സ്വഭാവത്തിനെയാണ് ചിലരൊക്കെ ഓര എന്ന് പറയണത് കുറെ വിഷയവാസനകളും അതും ഇതൊക്കെ സംസ്കാരം ഉണ്ടെങ്കിൽ അതൊരു ഓര ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഭാവമണ്ഡലമാണത് ആ ഭാവമണ്ഡലമാണ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി അപ്പൊ ആ ഭാവമണ്ഡലത്തിനെ തപസ് കൊണ്ട് മാറ്റിമറിക്കുക തപസ് എന്താണെന്ന് വീണ്ടും ആവർത്തനം ആവർത്തനം എന്താ അപ്പൊ സത്സംഗത്തിൽ ഇരിക്കുക ആവർത്തനമാണ് സത്സംഗത്തിൽ മനസ്സിലായോ മനസ്സിലായില്ലയോ ഇരിക്കണോ അമ്പലത്തിൽ പോകണു രുചിയുണ്ടോ ഇല്ലയോ പോകണോ കുഴപ്പമുണ്ടാകാത്ത കാര്യങ്ങള് നമ്മളുടെ ഉള്ളിൽ ദുർവാസന ഉണ്ടാക്കാത്ത കാര്യങ്ങള് ദുർവാസനാ പ്രതീകാരം എന്നാണ് അതിന് യോഗികള് പറയണത് അതായത് ചിലപ്പോൾ പിത്തവത്തിന് പ്രതീകാരം ചെയ്യും മരുന്നു കൊണ്ട് ഓഷധികൾ കൊണ്ട് അതുപോലെ ദുർവാസനാ പ്രതീകാരം പ്രതിവിധി ഈ ദുർവാസനാ പ്രതീകാരം എങ്ങനെയാന്ന് സദ്വാസന ഉണ്ടാവണ സ്ഥലത്ത് പോയി ഇരിക്കുന്നു അല്ലെങ്കിൽ ദുർവാസന ഉണ്ടാവാത്ത സ്ഥലമായാലും മതി ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടു അമ്പലത്തിൽ പോകണു സത്സംഗത്തിൽ പോകണു ജപം ചെയ്യണു ഏകാന്തമായിട്ട് ഇരിക്കണു മഹാപുരുഷ സമ്പർക്കം ചെയ്യണു സദ്ഗ്രന്ഥങ്ങൾ പഠിക്കണു ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ഈ സ്പിരിച്വലായിട്ട് ഒരേ ഒരു കാര്യം മാത്രം ലോകത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അധ്യാത്മമായിട്ട് ഒന്നും നേടാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ലോകത്തിനും സ്പിരിച്വൽ ഫീൽഡും വേൾഡി ലൈഫും രണ്ടിന്റെയും പ്രോസസ്സ് വ്യത്യാസമാണ് ലോകത്തിലെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും എന്ത് ഫലം കിട്ടും ഉടനെ ചോദിക്കും കർമ്മഫലം അതാണ് സംസാരം എന്ന് പറയുന്നത് സംസാരം എന്താന്ന് വെച്ചാൽ കർമ്മഫലം കർമ്മം ചെയ്തു ഫലം കിട്ടി ഈ ഫലം തന്നെയാണ് സംസാരം കൃതിമഹോ ഫലം അശാശ്വതം ഗതി നിരോധകം ഭഗവാൻ നമ്മുടെ മഹർഷി ഉപദേശസാരത്തില് രണ്ടാമത്തെ ശ്ലോകം പറഞ്ഞു ഫലം അശാശ്വതം ഗതി നിരോധകം ഈ കർമ്മത്തിന്റെ ഫലം ഉണ്ടല്ലോ അത് ലോങ് ഡ്യൂറേഷനിൽ നിൽക്കൂല്ല പക്ഷെ അതൊരു ബ്ലോക്ക് ഉണ്ടാക്കും ഉള്ളില് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് അധ്യാത്മമായ നേട്ടത്തിന് ഒരു ബ്ലോക്ക് എന്താന്ന് വെച്ചാൽ എത്രയോ കർമ്മങ്ങളുടെ കൈനീട്ടിയ ഫലമാണ് നിൽക്കുന്നത് ധർമ്മശാസ്ത്രങ്ങള് വേദാധ്യയനം ചെയ്ത ബ്രാഹ്മണന്റെ അടുത്ത ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ ആളുകളോട് പറഞ്ഞു ദാനം ചെയ്യണ ആളുകളോട് പറഞ്ഞു ധാരാളം ദാനം ചെയ്യൂ എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു യാഗം യജ്ഞം യാഗയജ്ഞങ്ങൾ പൊതുവേ ബ്രാഹ്മണരെ ചെയ്യില്ല ഒരു ശ്രാദ്ധകർമ്മം ധാരാളം കൊടുക്കൂ വാങ്ങിക്കണവരോട് പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു വാങ്ങിക്കണവരോട് പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കരുത് ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ കർമ്മ ഫലം ബന്ധിക്കും കർമ്മത്തിന്റെ ഫലമാണ് സംസാരം എന്ന് പറയണത് ആക്ഷന്റെ റിസൾട്ട് ഉള്ളിലെ വൃത്തി വാ സംസ്കാരം വാസന അവിദ്യ കാമ കർമ്മം അവിദ്യ കൊണ്ട് ആഗ്രഹം ആഗ്രഹം കൊണ്ട് ഈ സംസ്കാരം സ്വഭാവം ഈ സ്വഭാവം ജന്മന ഒരു ജനറ്റിക് ഫീൽഡ് നമുക്ക് കൊടുക്കും അതിനെയാണ് ഭഗവാൻ ഗീതയിലെ അധിഷ്ഠാനം എന്ന് അടുത്ത അധ്യായത്തിൽ പറയാൻ പോണത് എല്ലാരും അതും വെച്ചുകൊണ്ടാണ് ജനിക്കുന്നത് ആ റിസർവോയറിൽ നിന്നാണ് ആക്ഷൻ വരിക ആരും ബ്ലാങ്ക് പേപ്പറായിട്ട് ജനിക്കണില്ല എല്ലാരിലും ഉള്ളിലും കുറെ ഫിലിംസ് ഉണ്ട് ആ ജനറ്റിക് ഫീൽഡാണ് നമ്മളുടെ അധിഷ്ഠാനം അധിഷ്ഠാനം എന്ന് വേദാന്ത അർത്ഥം വേറെ ഇത് സ്വഭാവം പ്രകൃതി ഈ സ്വഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് ഓരോരുത്തരും ഈ സ്വഭാവത്തിനെ മാറ്റിമറിക്കണതാണ് തപസ്വഭാവ വിജയോധൃതി ഭാഗവതത്തിൽ പറഞ്ഞു എന്താണ് വിൽ പവർ ധൃതി എന്താണ് സ്വഭാവ വിജയ അവനവന്റെ നേച്ചറിനെ മാറ്റിമറിക്കാൻ ാത്വികമായ നേച്ചറാണെങ്കിൽ അതിനെ തരണം ചെയ്തു പോവുക രാജസ താമസങ്ങളെ സാത്വികമാക്കി മാറ്റുക ഇതൊക്കെയാണ് തപസ് അതെങ്ങനെ സാധ്യമാകും ആദ്യം ഇങ്ങനെ കുറെ അനുഷ്ഠാനങ്ങൾ ചെയ്യുക സത്സംഗത്തിൽ പോകണു നാമം ജപിക്കണു സത്ഗ്രന്ഥങ്ങൾ വായിക്കണു എന്തിനാ ഇത് ചെയ്യണത് ലോകത്തിൽ എന്ത് ചെയ്താലും ആളുകൾ ചോദിക്കും എന്തിനു ചെയ്യണു രണ്ട് ചോദ്യമാണ് എന്തു ചെയ്യണു എന്ത് കിട്ടും ഈ ചോദ്യം നമ്മൾക്ക് സ്പിരിച്വൽ ആയിട്ടും വരും ഇതൊക്കെ എന്തിനാ ചെയ്യണം അമ്പലത്തിൽ എന്തിനാ പോണം നാമം ജപിക്കുന്നത് ഭാഗവതം വായിച്ചിട്ട് എന്ത് കിട്ടി പൂജ ചെയ്തിട്ട് എന്ത് കിട്ടി തത്വമറിയണാള് പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും കിട്ടിയില്ല അപ്പ ഒന്നും കിട്ടും വേണ്ട ഞാനിത് ചെയ്തോണ്ടിരിക്കണം ഇത് നിർത്തിയാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടും അതാണോ കുഴപ്പം ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ഡിസിപ്ലിൻ യു ആർ ക്രിയേറ്റിംഗ് എ ഗ്യാപ്പ് അത്രേ ഉള്ളൂ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം എന്തോ നാരായണത്വ പ്രാന്തം കല്ലുരുട്ടിക്കൊണ്ടിരുന്നു അല്ലെ മലയുടെ മുകളിൽ കൊണ്ടുപോയി ചോട്ടലിക്ക് ഉരുട്ടി വിട്ടു നമ്മള് ഒരു ചെറിയ ആക്ഷൻ പോലും യദ് ആചരിതം ചേഷ്ടിതം തത് കാമസ്യ ചേഷ്ടിതം ഒരു ചെറിയ മൂവ്മെന്റിന് പുറകിൽ ആഗ്രഹം ഉണ്ടാവും ഡിസയർ ഉണ്ടാവും അപ്പൊ ആഗ്രഹമില്ലാത്ത ചലനം എന്ന് പറയുന്നത് യോഗമാണ് അപ്പൊ ഈ നിഷ്ഠകളൊക്കെ വിഹിത കർമ്മങ്ങളൊക്കെ അതിനു വേണ്ടിയാണ് ശാസ്ത്രം വിധിച്ചത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ആ പതുക്കെ പതുക്കെ പതുക്കെ ഒരു ബ്രേക് ത്രു ഉണ്ടാവുള്ള ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയണു അനുഷ്ഠാനത്ത് ധർമ്മോത്പത്തി ധർമ്മം ഉദ്ഭവിക്കുന്നതാണ് ധർമ്മം എന്താന്ന് വെച്ചാൽ ദൈവീ സമ്പത്ത് ആസൂരീ സമ്പത്ത് കഴിഞ്ഞ് അദ്ധ്യായത്തിന് പറഞ്ഞു ഈ ദൈവീസമ്പത്തിന് ഒരു പവർ കൂടും ഉള്ളിൽ ഒരു വേഗം കൂടും ഒരു പ്രാബല്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോ പതുക്കെ പതുക്കെ നമുക്ക് പാരമാർത്ഥികമായ ലക്ഷ്യത്തിനുള്ള ഒരു വാഞ്ച ഉള്ളിലുണ്ടാവും ഒരു വാഞ്ച ഉള്ളിലുണ്ടാവും നമ്മൾക്ക് ഈ പ്രകൃതി നമ്മൾ പറഞ്ഞു ഈ സംസ്കാരമുണ്ടല്ലോ പതുക്കെ പതുക്കെ സ്വഭാവം നമ്മളുടെ ഉള്ളില് സാത്വികമാവും പ്രകൃതി മാറിക്കഴിഞ്ഞാൽ ആ പ്രകൃതിയുടെ ശ്വാസോച്ഛ്വാസം സ്വഭാവത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഇതിൽ ഭഗവാൻ ഇനി പറയാൻ പോകുന്നു സ്വഭാവജ സ്വഭാവത്തിന്റെ ഒരു അലയാണ് ശ്രദ്ധാശക്തി ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു ക്ലൂ അവർ വന്നിരിക്കുമ്പോ അവര് വർത്തമാനം പറയുമ്പോൾ അവരുടെ ഓരോ മൂവ്മെന്റിൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകള് വികാരങ്ങള് ഇത് നമുക്ക് ഏകദേശം ആൾ എന്താണെന്ന് ഊഹിക്കാം അല്ലേ അയാളുടെ സ്വഭാവത്തിന്റെ ഒരു കിരണം ഒരു സ്പാർക്കാണത് അയാളുടെ സ്വഭാവം ഉള്ളിൽ എന്തൊക്കെ കിടക്കണുണ്ട് ഒരുപാട് എത്ര തന്നെ അടക്കി വെക്കാൻ പറ്റും കുറെ ദിവസം ഒരാളെടുത്ത് പഴകി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടോ ആളോ എന്ന് പറയും നമ്മള് അപ്പൊ വിചാരിച്ചത് കുറച്ചു ദിവസത്തേക്കൊക്കെ നാടകമൊക്കെ നടിക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോ ഉള്ളിലുള്ള പ്രകൃതി പുറത്തേക്ക് തെറിച്ച് വരും അല്ലേ ആ പ്രകൃതിയാണ് സ്വഭാവം എന്ന് പറയണത് സ്വഭാവം പുറമേക്ക് പ്രകടമാണത് ആ പ്രകട ആവണ സ്വഭാവത്തിനനുസരിച്ചാണ് ശ്രദ്ധ ഇപ്പൊ നമ്മൾ ശ്രദ്ധ എന്ന് ഈ അധ്യായത്തിൽ മുഖ്യമായിട്ട് പറയാൻ പോണത് മൂന്ന് വിധ ശ്രദ്ധയെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അത് നമ്മൾ കാണാം അധ്യാത്മത്തില് ശ്രദ്ധ എന്ന് പറയണത് സ്ത്രീലിംഗ ശബ്ദമാണ് അതൊരു പ്രത്യേക കാര്യം ഈ സാധനാ ചതുഷ്ടയ രണ്ട് ലക്ഷണങ്ങൾ ഒന്ന് തിദിക്ഷ മറ്റൊന്ന് ശ്രദ്ധ ഇത് രണ്ടും സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും സ്ത്രീകൾക്കുള്ള മുഖ്യമായ ക്വാളിറ്റീസാണ് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം നിഗമാചാര്യവാക്യേഷു ഭക്തി ശ്രദ്ധേതി വിശ്രുത നിഗമാചാര്യവാക്യേഷു ഭക്തി വേദത്തിലും ആചാര്യന്റെ വാക്യത്തിലുമുള്ള ഭക്തിക്ക് ശ്രദ്ധ എന്ന് പറയണു ആ ശ്രദ്ധ സാ ശ്രദ്ധ ആ ശ്രദ്ധയ്ക്ക് എന്താ സ്ത്രീകളിൽ കൂടുതൽ ശ്രദ്ധയും തിദിക്ഷാ സഹനം സർവദുഖാനം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സിതിക്ഷാ നിഗദ്യത്തെ സഹിക്ക സഹിക്ക സഹിക്ക മാതൃവത് ക്ഷമ ഭൂവ ക്ഷമ എന്ന് പറയുന്നതും അങ്ങനെയാ തിദിക്ഷ ശ്രദ്ധ ഇതൊക്കെ സ്ത്രീലിംഗ ശബ്ദാണ് എന്താന്ന് വെച്ചാൽ ഈ ശ്രദ്ധ വിശ്വാസം എന്നുള്ള അർത്ഥ എടുത്താലും പുരുഷന്മാര് നാസ്തികമായ പോലെ സ്ത്രീകളൊന്നും ആയിട്ടില്ല ലോകപ്രസിദ്ധന്മാരായ രാഷ്ട്രീയക്കാര് നാസ്തികം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവരുടെ ഭാര്യമാരൊക്കെ ഒരു ദിവസം വിടാതെ അമ്പലത്തിൽ പോയിട്ട് വരും ഇവരൊരു അമ്പത് അറുപത് വയസ്സ് വരെ നാസ്തികൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഭാര്യയെ കാറിൽ കൊണ്ടാക്കും പിന്നെ അമ്പലത്തിൽ അവരും കയറും പക്ഷെ ഇവര് ശ്രദ്ധ അവര് കുറെ കഴിയുമ്പോ അവരുടെ ഇന്റലിജൻസ് പറയും ശ്രദ്ധ ഈസ് മോർ ഇന്റലിജന്റ് ദാൻ മൈ ഇന്റലക്ട് ശ്രദ്ധയ്ക്കുള്ള ഇന്റലിജൻസ് ഉണ്ട് ശ്രദ്ധയിൽ സ്ത്രീകളാണ് എത്രയോ ഇപ്പോഴും അധ്യാത്മവിഷയങ്ങളിൽ നോക്കുക ഇപ്പോഴും സ്ത്രീകളിലാണ് ശ്രദ്ധ സ്ത്രീകളിലാണ് തിദിക്ഷ സഹനം ശ്രദ്ധാശക്തി സ്ത്രീകളിലാണ് അധ്യാത്മവിഷയത്തിൽ രുചിയും കൂടുതൽ ധർമ്മശാസ്ത്രങ്ങളൊക്കെ തന്നെ പറയണത് ധർമ്മശാസ്ത്രമൊക്കെ പുരുഷൻ പഠിക്കണം ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളോട് ചോദിച്ചോളാം എന്നാണ് മനു പറയണത് എന്താന്ന് വെച്ചാൽ എത്രയോ പറഞ്ഞ കാര്യം പ്രാക്ടീസ് ചെയ്ത് സീച്ച് ചെയ്ത് പഴക്കം അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആ വീട്ടിലുള്ള അമ്മയോട് ചോദിച്ചോളാം എന്നാണ് അപ്പൊ ശ്രദ്ധ എന്ന് പറയണത് ശ്രദ്ധാച ബ്രഹ്മവിജ്ഞാനെ പരമം സാധനം എന്നാണ് ആചാര്യസ്വാമി ബൃഹദാരണ്യൊക്കെ ഭാഷയത്തില് പറയണത് ബ്രഹ്മജ്ഞാനത്തിന് ഏറ്റവും വലിയ സാധനം എന്താണ് ശ്രദ്ധ ഈ ശ്രദ്ധയെ ഈ അദ്ധ്യായത്തില് ഭഗവാൻ നമുക്ക് പറയാണ് ഭഗവാൻ്റെ അടുത്ത് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇന്നലെ നമ്മൾ ആ ചോദ്യം എടുത്തു പറഞ്ഞു ശാസ്ത്രമൊന്നും അറിയില്ല പക്ഷെ നമുക്ക് ശ്രദ്ധയില്ല എന്ന് പറയാൻ വയ്യ ശ്രദ്ധയുണ്ട് ശാസ്ത്രമറിയാതെ അവനവന്റെ ആഗ്രഹത്തിനനുസരിച്ച് പോണവര് നസസുഖമവാപ്പുനോത്തി എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു അവർക്ക് ഒരു സുഖവും കിട്ടില്ല പരമമായ ഗതിയും പ്രാപിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അർജുനൻ ഇവിടെ ചോദിക്കുകയാണ് ആ ശ്ലോകം നോക്കാം ൃജ്യജന്ദ്ധയാന്വി ത സഹോരജസ്ത കെച്ചിത് അവിശേഷി ശാസ്ത്രവിധാനം ശ്രുതി സ്മൃതി ശാസ്ത്ര ചോദനാ ഉത്സൃജ്യ പരിത്യജ്യ ദേവാദീൻ പൂജയന്തി ശ്രദ്ധയാ ആസ്തിക്യബുദ്ധ സംയുത ഇപ്പോഴുള്ള ആളുകളെ കുറിച്ചൊക്കെ ഉള്ളതാണത് കാരണം ഇപ്പോൾ ആർക്കും ശാസ്ത്രവിധാനമൊന്നും അറിയില്ല ശാസ്ത്രമൊന്നും നമുക്ക് അറിയില്ല പക്ഷെ എല്ലാവരും അമ്പലത്തിൽ പോകണുണ്ട് ദേവതകളെ പൂജിക്കുന്നുണ്ട് ശ്രദ്ധയുണ്ട് ഭക്തി ഉണ്ട് ഇല്ലാന്ന് പറയാമയ്യ ഇപ്പോ തിരുവണ്ണാമലെ പൗർണമയ്ക്ക് ഉള്ള തിരക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ഞങ്ങൾ പിന്നെ കാണുമ്പോ അതൊരു ഹരാണ് അവർക്കൊന്നും എന്താ ഒന്നും അറിയില്ല അത് ജ്ഞാനക്ഷേത്രമാണ് അതും അറിയില്ല രമണാശ്രമത്തിൽ വരും ഭഗവാന്റെ സമാധിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് പ്രാമാണികമായിട്ട് കൂടെ വരണവർക്ക് പറഞ്ഞു കൊടുക്കും ഇത് രാമകൃഷ്ണ പരമഹംസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടിട്ടുണ്ട് അവർക്ക് തോന്നിയ കഥയൊക്കെ പറയും ശാസ്ത്രം മാത്രല്ല അതിന്റെ കോമൺ സെൻസ് പോലും ഇല്ല എന്നാലും വന്നിട്ട് പോവും കുറെ ആളുകൾ വിളിച്ചോണ്ട് വരും എല്ലാവരും പ്രദക്ഷിണം ചെയ്തിട്ടു ശ്രദ്ധയാൻവിതാഹ അരുണാചലത്തിൽ എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം എന്നുള്ള ശാസ്ത്രമൊന്നും പ്രമാണമല്ല അരുണാചലത്തിനെ കുറിച്ച് അറിവ് വേണം എന്നില്ല ഒന്ന് ചെയ്തിട്ട് പോണു അല്ലേ ഇപ്പൊ ശബരിമലയ്ക്ക് എത്രയോ ആളുകൾ പോകും പോണെന്ന് മാത്രമാണോ ഇപ്പോഴൊക്കെ അത് കൂടി വരുന്നു റോഡിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നടന്നു വരണവരുണ്ട് ഇവിടുന്ന് നടന്നു പോണവരുണ്ട് അവർക്ക് ശ്രദ്ധയില്ല എന്ന് പറയാൻ പറ്റുമോ ശ്രദ്ധയല്ലേ ശരീരത്തിനെ വിഷമിപ്പിച്ചും പോണു വിഷമിപ്പിക്കുക എന്ന് വെച്ചാൽ ദ്രോഹിക്കുകയല്ല എന്നുവെച്ചാൽ സുഖമായി കംഫർട്ടബിളായിട്ട് ഇരിക്കുക എന്ന് ഉദ്ദേശിക്കാതെ ഭഗവാന് വേണ്ടി ഒരു ത്യാഗം ചെയ്യണ്ട അപ്പൊ ശ്രദ്ധയുണ്ടവിടെ പക്ഷെ ശാസ്ത്രവിധിയൊന്നുമില്ല ശാസ്ത്രവിധാനമൊന്നും അറിയില്ല അവരിങ്ങനെ ചെയ്യുന്നു ശ്രുതിലക്ഷണം സ്മൃതിലക്ഷണം വാ കഞ്ചിത് ശാസ്ത്രവിധിയും അപശ്യന്ത ഉപനിഷത്ത് പറയുന്ന വേദാന്തശാസ്ത്രവും അറിയില്ല ഗീതയോ ഭാഗവതമോ ധർമ്മശാസ്ത്രങ്ങളോ ഇവരെയൊക്കെയാണ് സ്മൃതി എന്ന് പറയുന്നത് ശ്രുതി എന്ന് വെച്ചാൽ ഉപനിഷത്ത് സ്മൃതി എന്ന് വച്ചാൽ ധർമ്മശാസ്ത്രങ്ങളും ഗീതയും ഭാഗവതമോ ഒക്കെ സ്മൃതിയാണ് അപ്പൊ ശ്രുതിയോ സ്മൃതിയോ കഞ്ചിത് ശാസ്ത്രവിധ്യം ഒന്നും അപശ്യന്ത അറിയില്ല നമ്മളിപ്പോ പല വൈദികമായ കർമാനുഷ്ഠാനങ്ങൾ പോലും ഓരോ വീടുകളിലും നടക്കുന്നത് അങ്ങനെയാണ് എങ്ങനെ നടക്കുന്നു വൃദ്ധവ്യവഹാര ദർശനാദേവ ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ചെയ്തു ഞങ്ങളുടെ മുത്തശ്ശൻ അതിൽ ചിലതൊക്കെ അബദ്ധം